നിങ്ങൾ യാതൊന്നും അറിയാത്തവരായിരിക്കേ നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് അള്ളാഹുസുബാനഹുവറ്റ ആര നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു നിങ്ങൾ നന്ദി കാണിക്കണമെന്ന ഉദ്ദേശ്യത്തോടെ അവൻ നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു